ഷ്മീം സങ്കീർത്തേമതിരിമഭാഭ്യന്തരഗർകൈഭവോന്നാഞ്ചല്യനിപുഷാബാ ദൃശ്യ വിശ്വാത്മതാവിശിരാണനിരത്മാണം തരി ുസുന്ദരദിംഹാദ്രിചൂടാമണി ജ്യോതിയ ദക്ഷിണമൂർത്തിവ്യാസംകർഷം ജാനോത്തമാക്കും തദ്വന്വേ കൂട്ടം വിപ്രതിഗത്വ പ്രകത്ഭവാചാ ചിത്സമുനിന്നത്തെ വിജുഷ പ്രമാണനഖനിന്നഹാമോഹമരാര നമസ്കോ നൃസിംഹായ പ്രകാരമേ ത്മനസ്വപ്രഭാസത്വം തത്വർത്ഥ സംവേദന ആശ്രയതായ അഭിസ്ഫു ഗുരുവിന്റെ പക്ഷക്കാർ പറയുകയാണ് ആത്മാവിന്റെ സ്ഫുരണം ആത്മാവ് സ്വയം സ്ഫുരണരൂപമല്ല ആത്മാവിന്റെ സ്ഫുരണം ഞാൻ ആശ്രയത്വേന് സംഭവിക്കുന്നു എപ്പോ എല്ലാ ജ്ഞാനത്തിലും ജ്ഞാനം എന്ന് പറയുമ്പോൾ ത്രിപുടി രൂപത്തിലാണ് ഒന്ന് ഞാത്താവ് ജ്ഞാനം ജേയം മൂന്നെണ്ണമാണ് ആ ത്രിപുടി രൂപത്തിലുള്ള ജ്ഞാനത്തിൽ ജ്ഞാനത്തിൽ എന്തൊക്കെ ജ്ഞാനം പ്രകാശിക്കുന്നു ജേയം പ്രകാശിക്കുന്നു ജ്ഞാതും പ്രകാശിക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ ആശ്രയമായി ആത്മാവിന്റെ സ്ഫുരണം ഉണ്ടാകുന്നു ആശ്രയത്വനായതുകൊണ്ട് അവിടെ കർമ്മത്വം അല്ലേ തത്വദർത്ഥ സംവേദനാശ്രയസ് ക്രിയാബല ഭാജോപി കർമ്മത്വം അവിടെ ഇവിടെ താർക്കികം വരികയാണ് എന്താണ് അത് അങ്ങനെയാണെങ്കിൽ അത് ക്രിയാഫലഭാക് ആകണം ക്രിയാന്ന് പറഞ്ഞാൽ ജ്ഞാനക്രിയയുടെ വിഷയത്വം ആത്മാവിൽ വരും വിഷയത്വം ഒന്ന് കർമ്മമാകും എന്ന് ഉള്ള താർക്കികന്റെ അഭിപ്രായത്തെ നിഷേധിക്കുന്നു നർമ്മത്വം എന്ന് പറഞ്ഞിട്ട് അതിന്റെ യുക്തിയും പറഞ്ഞെന്താണ് പരസമേതക്രിയാ കർമ്മത്വം പറഞ്ഞെങ്കിൽ വിഷയത്വം വന്നാൽ മാത്രം പോരവിനോ പരസം ക്രിയാജന്യ ബലശാലിത്വം രാമസമേതക്ജന്യ ഫലമായ രാമപ്രാപ്തി ഗ്രാമത്തിൽ വരുന്നോണ്ടാണ് ഗ്രാമത്തിൽ കർമ്മത്വം വരുന്നത് എന്നുവെച്ചാൽ ക്രിയയുടെ ആശ്രയവും ഫലത്തിന്റെ ആശ്രയവും രണ്ടാണ് അതേ കർമ്മത്വം വരുത്തുള്ളു ഇവിടെയാണെങ്കിലോ ആത്മാവിന്റെ സ്ഫുരണം ഉണ്ടാകുന്നു ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ജ്ഞാനം കൊണ്ട് ജ്ഞാനക്രിയ കൊണ്ട് അപ്പൊ ജ്ഞാനക്രിയയുടെ ആശ്രയം ആത്മാവ് ജ്ഞാനക്രിയയുടെ വിഷയവും ഫലവും ആത്മാവിൽ തന്നെ അപ്പൊ ഇവിടെ പരസംവേത ക്രിയാഫലശാലിത്വം ഇല്ല ഇതെല്ലാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞാണ് ഇത്രയും ഭാഗങ്ങൾ ഒന്ന് ആവർത്തിച്ചെന്നു പരസം ക്രിയാഫലശാലിത്വ അപ്പൊ താർഗ്യം പറയണം അങ്ങനെയാണെങ്കിൽ നക്സോ ഏതത് നിങ്ങൾ കർമ്മത്വത്തെ ഒഴിവാക്കാൻ വേണ്ടി ജ്ഞാന ആശ്രയത്വന് ആത്മസ്ഫുരണത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങളുടെ മാനസപ്രത്യക്ഷ ഞങ്ങളുടെ മാനസപ്രത്യക്ഷം നിങ്ങൾക്ക് സ്വീകരിക്കാം ഞങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കേം പറയുന്ന ആത്മാവിന്റെ മാനസപ്രത്യക്ഷം ഉണ്ടാവും എങ്ങനെ ആത്മാവും മനസും തമ്മിൽ സമയവും ഉണ്ടാകുമ്പോ ആത്മാവും മനസ്സും തമ്മിൽ സമയവും ഉണ്ടാവും ഉണ്ടാകുമ്പോ ആത്മാവിൽ ഞാനും ഉണ്ടാവും ആത്മാവ് പ്രത്യക്ഷവും സ്വീകരിച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആശ്രയത്തിനാന്ന് പറയേണ്ട കാര്യമുണ്ട് കർമ്മത്വത്തെ ഒഴിവാക്കിപ്പോരേ ഇവിടെയും കർമ്മത്വം വരത്തില്ല എന്തുകൊണ്ട് പരസംവേദക്രിയ ബലശാലിത്വം ഇല്ല ജ്ഞാനമാകുന്ന ക്രിയയുടെ ആശ്രയം എന്തായി വിഷയമാവുന്ന എന്ത് അത് മതി കർമ്മത്വമില്ല പരസംവേദക്രിയാശാലിത്വം ഇല്ല ആത്മാവിന്റെ പ്രത്യക്ഷം മനസ്സുകൊണ്ടുള്ള പ്രത്യക്ഷം ആത്മാവിന്റെ പ്രത്യക്ഷത്തെ മനസ്സപ്രത്യക്ഷത്മാവും മനസ്സും തമ്മില് സമയം ഉണ്ടാകുമ്പോഴാണ് ആത്മാവിൽ ജ്ഞാനം ഉണ്ടായി ആത്മാവിന്റെ മാനസപ്രത്യക്ഷം ഉണ്ടാവും അതും അതുപോലെ വാര്ക്കിയനെ സംബന്ധിച്ച് അവിടെ സുഖം ചെയ്യുന്നു സമവായ സംബന്ധത്തിൽ ഉണ്ടാവും അപ്പൊ സുഖത്തിന്റെ ജ്ഞാനം ഉണ്ടാവും ഇപ്പൊ സുഖത്തിൻ്റെ പ്രത്യക്ഷ ഉണ്ടാവും എല്ലാവരും പോലെ മറ്റേ ഡയറക്റ്റ് ആത്മാവിന്റെ മനസ്സപ്രത്യക്ഷ ഉണ്ടാവും മറ്റേത് സുഖത്തിന്റെ മാനസപ്രത്യക്ഷ ഉണ്ടാവും എല്ലാം ആത്മാവിനും ഉണ്ടാവുകയാണ് സമവായ സംബന്ധത്തിൽ ജ്ഞാനവും ഉണ്ടാകുന്നു സുഖവും ഉണ്ടാകുന്നു അസുഖം ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും ആത്മാവിൽ ഞാനും ഉണ്ടാവും സുഖം പ്രത്യക്ഷവും അതൊക്കെ താർക്കികനെ സംബന്ധിച്ച് വെറും ഈസിയാണ് അതൊരു പ്രശ്നമേ അല്ല മനസ്സപ്രത്യക്ഷം ഉണ്ടാവും പറയുന്നു മനസ്സപ്രത്യക്ഷമായി സ്വീകരിച്ചു കഴിഞ്ഞാലും ആത്മാവിൽ കർമ്മത്വം വരരുത് അതാണ് അപ്പൊ ആശ്രയത്തിന് ആത്മാവിന്റെ സ്ഫുരണം ഉണ്ടാവുന്നു സ്വീകരിച്ചാ മതി നിങ്ങള് ഈ ആശ്രയത്വേന സ്ഫുരണം എന്തിനു സ്വീകരിക്കണം എന്നാണ് അപ്പൊ പിന്നെ ഒരു പ്രശ്നം വരുന്ന അവിടെ കർമ്മത്വം വരും എന്നുള്ള ആണത് വരുന്നില്ല എന്തുകൊണ്ട് പരസമേത ക്രിയാഫലശാലി ക്രിയാജന്യ ഫലശാലിത്വം ഇല്ല ഫലശാലി ഏത് പ്രത്യേകം വന്നാണ് സൂത്രം സൗജ എന്ന് പറയുന്ന ആണോ നിനി പ്രത്യേകം വിധിക്കുന്നത് ആ ടച്ചില്ല സൂത്രം ടച്ചില്ല ഇനി വിധിക്കുന്ന സൂത്രങ്ങൾ പഠിച്ചു സാധു കനുഷം തച്ചീലാർത്ഥത്തിൽ വരും ഏത് പ്രത്യേകം നിന്നാലും ശരി തച്ചീലാർഥത്തിൽ വരും ഫലസംവേതശാലിത്വഭാവനസപ്രത്യക്ഷേ സമാനം അതിടയ്ക്ക് താർക്കിയ ചാടിയും സമാനം പറയുന്നു ജനാതെ സദാ സകർമ്മകതയണവ്യാപ്തൃ നിവൃത്തെ നിവൃത്തേഹ എന്തു പറയും എങ്ങോട്ട് അന്വേഷിക്കും നസമാനം ഏതാ മനസ്സപ്രത്യക്ഷേ നസമാണ് അപ്പം പറയുന്നു അത് ശരിയാ കാരണം നിങ്ങൾ ജ്ഞാനത്തെ സകർമ്മകമായി സ്വീകരിക്കുകയാണ് ആര് തർക്കയും വരും ജ്ഞാനം ഉണ്ടെങ്കിൽ അതില് വിഷയമാണ് അതിനൊരു വിഷയം ഉണ്ടായിരിക്കും സകർമ്മകമാണ് കർമ്മം ഉണ്ടായിരിക്കും അപ്പോ കർമ്മത്വ വ്യാപ്തമാണ് ജ്ഞാനത്വം വന്യവ്യാപ്തമാണ് ദൂവെന്ന് പറയുമ്പോ എങ്ങനെ വ്യാപ്തി പറയും എത്ര അപ്പൊ ഇവിടെ പറയുന്നെന്താണ് കർമ്മത്വ വ്യാപ്തമാണ് എത്രയെത്രം ജ്ഞാനത്വം തത്ര കർമ്മത്വം ബേദരവ്യാപ്തി എങ്ങനെ പറയും എത്ര കർമ്മത്വഭാവ ജ്ഞാന അപ്പൊ ജ്ഞാനം ആത്മാവിന് വിഷയമാക്കുന്നു ജ്ഞാനത്തെ നിങ്ങൾ സകർമ്മവുമായി സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു അവിടെ കർമ്മത്വവും വരത്തില്ല എന്തുകൊണ്ട് പരസമേത പ്രിയാജന്യ ഫലശാലിത്വം ഇല്ലാത്തത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന എന്താണ് ആത്മാവൻ കർമ്മത്വം വരുന്നില്ല പരസമേത ഫലശാലിത്വം ഇല്ലാത്ത ശരി സമ്മതിച്ചു കർമ്മത്വില്ലെങ്കിൽ ജ്ഞാനത്വം ഇല്ല എന്തുകൊണ്ട് എത്രയെത്ര ജാനത്വം എത്രയെത്ര കർമ്മ ജ്ഞാനത്വഭാവ ജ്ഞാനം ഇല്ലെന്നും സ്വീകരിക്ക അപ്പോ എന്തുകൊണ്ട് നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് കർമ്മത്വ വ്യാപ്തമാണ് അത് സ്വീകരിക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ പറയുന്ന എന്താണ് ആത്മാവ് മാനസപ്രത്യക്ഷമാണോ ആത്മാവിന്റെ പക്ഷെ അവിടെ ആത്മാവിൽ കർമ്മത്വം ഇല്ലെന്ന് ആത്മാവിൽ കർമ്മത്വം പിന്നെ അവിടെ ജ്ഞാനവും ഇല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ എന്തുവരും കർമ്മമാവും കർമ്മത്വില്ല ഞാനും ഇല്ല എന്ന് വരും എന്തുകൊണ്ട് നിയമം ഇതാണ് ഞാനും ഉണ്ടോ അതിന്റെ വിഷയം കർമ്മവും ആകും എതിരെ വ്യാപ്തി അംഗീകരിക്കേണ്ടി വരും അത് അതാണെങ്കിൽ ധൂമുണ്ടോ ഭന്യുണ്ടോ ഭന്യല്ലേ കർമ്മത്വമില്ലേ ഞാനാണ് പറയാൻ പറ്റൂ ഞാനും കർമ്മത്വത്തെ നിഷേധിക്കാൻ വേണ്ടി ഞാനില്ലെന്ന് പറയാൻ പറ്റൂ ജ്ഞാനത്തെ തിരിക്കേണ്ടി വരും അതുകൊണ്ട് കർമ്മത്വത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്നത് പോലെ ആത്മാവിന്റെ മാനസപ്രത്യക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെ കർമ്മമായി സ്വീകരിക്കേണ്ടി വരും ഞങ്ങൾക്കത് സമ്മതമല്ല ആത്മാവ് കർമ്മം അല്ല മറിച്ച് എന്താണത് ആശ്രയമാണ് അത്രയും സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ കർമ്മമായിട്ടൊക്കെ സ്വീകരിക്കാൻ പറ്റത്തില്ല ഇനി ഞാനും കർമ്മമായി കഴിഞ്ഞാലോ വേദ്യ അടുത്ത പ്രശ്നം നിർവചനം ഞാനാധികന്നാണ് സാർക്കെയും പറയുന്നത് സമവായേന ജ്ഞാനത്തിന്റെ ആശ്രയമാണ് സംബന്ധമായ കാര്യങ്ങളാണ് കർമ്മത്വം വരുമോ ഇല്ല എന്നുള്ള അതായത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മാവിന്റെ സ്ഫുരണ എങ്ങനെ സംബന്ധിച്ചു സംഭവിക്കുന്നു രണ്ടുപക്ഷം ഏതൊക്കെയാണ് താർക്കിക ഞാൻ തറക്കിയ വിഷത്തിൽ കർമ്മത്വേന ഞാൻ കർമ്മത്വേനം അതിനെ കുറിച്ചാണ് കൂടെ ചർച്ച ചെയ്യുന്നത് അതേ മാനസപ്രത്യക്ഷ സമാനം അങ്ങനെയാണെങ്കിൽ മാനസപ്രത്യക്ഷ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല ജാനാദേഹെ സദാ സകർമ്മകഥയാ ജാനാദി പറയുന്നത് ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് സദാ സകർമ്മമാണോ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കർമ്മത്വേനം വ്യാപ്തം അതിങ്ങനെയും പറയാം കർമ്മണ വ്യാപ്തമാണെന്ത് ജ്ഞാനം തന്നിവർത്തു എന്ന് കൊടുത്തേ തന്നിവർത്തു എന്ന് പറഞ്ഞാൽ കർമ്മത്വനിവൃത്തേഹേ ജ്ഞാനത്വ നിവൃത്തേഹേ ഒരു അപകടം വരും അത് അംഗീകരിക്കാൻ പറ്റൂല കാർഗീയം പറയുന്നെങ്ങനെ പരസമേത ക്രിയാജന്യ ബലശാലിത്വം ഇല്ല എന്നൊന്നുകഴിഞ്ഞാൽ അവിടെ കർമ്മത്വത്വം ഒഴിവാക്കാമെന്ന് പറഞ്ഞു കർമ്മത്വില്ല ഞങ്ങൾ ആര് പറഞ്ഞു പ്രഭാകരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും കർമ്മത്വം ഇല്ല എന്നു പറഞ്ഞു എന്തുകൊണ്ട് മാനസപ്രത്യക്ഷത്തിനും പരസമേത ക്രിയാജന്യ ഫലശാലിത്വം ഇല്ല അപ്പോഴാണ് പറയുന്നത് അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് കർമ്മം ആ കർമ്മത്വം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനത്വം കാരണം ജ്ഞാനും വ്യാപകമാണന്ത് കർമ്മത്വ ആ സിദ്ധാന്തം അനുസരിച്ച് അവരുടെ കയ്യിരിക്കുന്ന മടി വാങ്ങി തിരിച്ചങ്ങോട്ട് കൊടുക്കുക അതാണ് സ്വന്തം മടി കൊണ്ടടിക്കില്ല ഒരിക്കൽ സ്വന്തം മടി കൊണ്ടടിച്ചു എന്തു പറ്റൂ അത് ഒടിഞ്ഞു പോവും അപ്പൊ അത് ഒടിയാൻ പാടില്ല അതുകൊണ്ട് അവന്റെ കയ്യിരിക്കുന്ന മടി വാങ്ങി അവന് കൊടുക്കുക വടിയും സുരക്ഷിതമായിരിക്കും അവന്റെ വടിയും മൊടിയും അവൻ അടിയും കൊള്ളും ഇതാണ് രീതി അപ്പൊ ഇപ്പൊ ആരൊക്കെ അടിക്കുന്നു കാർത്തിയംസം അവരടിച്ചു അവരൊക്കെ അടിക്കാവുന്നടിച്ചു പിരിഞ്ഞു അടിച്ച് പിരിഞ്ഞെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് അപ്പൊ ആര് വരുന്നു അദ്വൈതി രാജകീയമായിട്ട് രംഗപ്രവേശം ചെയ്യണം വരെല്ലാം അടിച്ച് കളമൊഴിഞ്ഞു ഇനി തനിക്ക് പറയാനുള്ള അവിടെ ഇരുന്ന് പ്രസംഗിക്കാം അവരെല്ലാം അവിടെ കിടന്ന് കേട്ടോളൂ ശല്യത്തിന് വരത്തുള്ളൂ തന്നെ അടിച്ച് കൈകാലം കിടക്കുകയാണ് ഇനി അദ്വൈതി അടുത്ത് ള് തമ്മിനടിപ്പിക്ക അടിപ്പിച്ച അവരെ രണ്ടുപേരേയും ശരിയാകും എന്നിട്ട് അദ്വൈതം അവരെ ബോധിപ്പിക്കുക മീനുകിടക്കുമ്പോൾ പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും നേരിട്ട് അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവരൊന്നും ഒന്നും മനസ്സിലാക്കില്ല സമിതില്ലല്ലോ ഏഹ് കണ്ടിച്ചില്ലല്ലോ എല്ലാം കണ്ടിച്ചു കഴിഞ്ഞു ഇനിയൊന്നുമില്ല ഇനി ഉണ്ടെങ്കി ഇനി വരും അപ്പൊ നോക്കാം തീർന്നില്ലല്ലോ രണ്ടു കൂട്ടരും പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ രണ്ടുകൂട്ടരും അവരവരുടെ വിഷമൊക്കെ പറഞ്ഞല്ലേ പക്ഷെ ലാസ്റ്റില് പ്രഭാകരണത്തെ താക്കീകരിക്കാൻ അവര് രണ്ടൂരവരുടെ അഭിപ്രായം പറഞ്ഞു അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇനി അദ്വൈദി പറഞ്ഞു സംവേദ്രയത അപരോക്ഷോ അപ്രോക്ഷത് അല്ലേ സംവിതിരികർമ്മ അപ്രോക്ഷനിമാത്മന കഭാവേ തദ്ദേ അനുമാനമുണ്ട് അനുമാനം അടുത്ത് ഇത്പക്ഷം ഇത് സിദ്ധാന്തപക്ഷം പറയുന്നു എങ്ങനെ സംയുദ്വ്യതിരിക്ത സംയുദ് കർമ്മത്വിന് അപരോക്ഷത്വ നിയമാ ഇതൊരു നിയമമാണ് എന്താണ് സംയുദ്വ്യതിരിക്തമായ എന്താ ഏതും സംയുത്തിന്റെ കർമ്മമായാലേ അപരോക്ഷമാകത്തുള്ളൂ യഥാ ഘടത്തം നോക്കുക അത് സംത് വ്യതിരിക്തമാണ് അത് അപരോക്ഷമാവണമെങ്കിൽ എന്ത് വേണം സംയുക്തന്റെ കർമ്മമാകണം വിഷയമാകുമ്പോൾ കർമ്മമാകും അതുകൊണ്ടാണ് പറയുന്നത് ഘടമഹം ജാനാമി ഇതൊരു നിയമമാണ് അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു സംയത് വ്യതിരിക്ത സംയത് കർമ്മത്വനെയ് അപരോക്ഷത്വ നിയമാ അങ്ങനെ ഒരു നിയമത്തെ സ്വീകരിക്കുമ്പോ ആത്മന കർമ്മത്വ അഭാവേ എന്ന് പറയുന്നു ആത്മാവിനെ സംയുദ്വ്യതിരിക്തമായി സ്വീകരിക്കുന്നു അതിന്റെ അപരോക്ഷത്വം പറയുന്നു രണ്ടു കൂട്ടരും പറയുന്നു ആരൊക്കെ സാധാരണ പറയുന്നു കാര്യം പറയുന്നു ആത്മാവിനെ സംയുദ്വ്യതിരിക്തമായി സ്വീകരിക്കുന്നു ജ്ഞാന ഭിന്നമാണ് ആത്മാവ് ജ്ഞാനവിഷയമാണ് ആത്മാവ് അപ്പോ രണ്ടുപക്ഷനുസരിച്ചാലും അതിലെന്ത് സ്വീകരിക്കേണ്ടി വരും കർമ്മത്വം അല്ലെങ്കിൽ പിന്നെ അധികം രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം ആത്മാവിനെ സ്വീകരിക്കുക ആത്മാവിനെ തന്നെ ജ്ഞാനമായി സ്വീകരിക്കുക അല്ല നിങ്ങളിനി ആശ്രയത്വേന പറഞ്ഞാലും മാനസപ്രത്യക്ഷം എന്ന് പറഞ്ഞാലും എന്ത് ഏർപ്പാട് പറഞ്ഞാലും ശരി എന്തോരും അത് കർമ്മമാവും കർമ്മമായി കഴിഞ്ഞാൽ എന്തോരപ്രകാശം അല്ലാതെ പതുവരിക്ക് പറയാൻ സൗകര്യം ഇതാണ് എന്താണ് സംയത് വരി വ്യതിരിക്തസ്യഭിന്നമായ സംയത് കർമ്മത്വേന അപരോക്ഷത്വനി സംയുദ് കർമ്മമായാലേ അതപരോക്ഷമാകത്തുള്ളൂ ഇത് നിയമമാണോ യഥാ ഘടക ആത്മന കർമ്മത്വഭാവേ ആത്മാവ് കർമ്മമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപരോക്ഷത്വ അനുപത്തേ അപ്പൊ ഇവര് രണ്ടുപേരും പറയുന്നതെന്താണ് ആത്മാവ് അപരോക്ഷമാണ് അത് താർക്കിയും പറയുന്നത് മാനസപ്രത്യക്ഷം ഗുരു പറയുന്ന എന്താണ് ആശ്രയത്വേന ആത്മസ്ഫുരണം അംഗീകരിക്കുന്നു എന്നുവെച്ചാൽ രണ്ടു കൂട്ടരും പറയുന്ന ആത്മാവിന്റെ അവരോക്ഷത്വമാണ് രണ്ടു കൂട്ടരും ആത്മാവിന്റെ അവരോക്ഷത്വം പറയുകയും രണ്ടു കൂട്ടരും സമയത്ത് വ്യതിരിക്തമായി സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോ ആത്മാവിൻ കർമ്മത്വത്തെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും ആത്മാവ് കർമ്മമാണ് പിന്നെ കർമ്മമല്ല എന്ന് എന്തിനാ പറയുന്നത് അല്ലേ പ്രവാഹനം പറയുന്നു ആശ്രയമായതുകൊണ്ട് കർമ്മല്ല കാർക്കേനം പറയുന്നു ഞങ്ങൾക്കും കർമ്മല്ല എന്തുകൊണ്ട് ഏ അതുകൊണ്ടാണ് അതുകൊണ്ടാണോ കർമ്മല്ലോ എന്താണോ ഇപ്പൊ പറഞ്ഞത് വിഷയമായതോ എന്താണോ പറഞ്ഞു എവിടെ പോയി ഏ എന്തുകൊണ്ട് കർമ്മല്ലാന്ന് പരസമേത ക്രിയാജലി പരിശാല ിത്വില്ലാതുകൊണ്ട് കർമ്മം അല്ലാന്നുകൊണ്ട് അത് രണ്ടു കൂട്ടർക്ക് സമ്മതമാണ് അല്ലേ പിന്നെ അതില്ലെങ്കിൽ തന്നെയും പ്രഭാകരൻ ആശ്രയമായിട്ടേ സ്വീകരിക്കുന്നു അതുകൊണ്ട് കർമ്മം അല്ലെങ്കിൽ മാനസപ്രത്യക്ഷ സ്വീകരിക്കാനുള്ള യുക്തിയാണോ അല്ല അത് രണ്ടു കൂട്ടർക്കുക യുക്തിയാണ് പ്രത്യേകിച്ച് പ്രവാഹനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിന്റെ ആശ്രയവും ജ്ഞാനത്തിന്റെ വിഷയവും ഒന്ന് തന്നെ അപ്പൊ പിന്നെ കർമ്മത്വം വരില്ല ഫലത്തിൽ തർക്കീയനും അങ്ങനെ ജ്ഞാനത്തിന്റെ ആശ്രയവും ജ്ഞാനത്തിന്റെ വിഷയവും ഒന്നായി അത് താർക്കിയിൽ തന്നെ സ്വീകരിച്ചിരിക്കേദി ഉണ്ടാക്കിയല്ലല്ലോ താർക്കിക സ്വീകരിച്ചുകൊണ്ട് പ്രവാഹനം പറയും നിങ്ങളങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും അത് സമ്മതമാണ് ആള് പറഞ്ഞു എന്തുകൊണ്ട് പരസമിത ക്രിയാപരിശാലം ഞങ്ങൾക്കും ഇല്ല ആശ്ചര്യമായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊരു പ്രയോജനവും ഉണ്ടായില്ല അദ്വൈതി വന്ന് ഇടയ്ക്കൂടി ഗോൾഡടിച്ചു എന്തു പറഞ്ഞു ഇങ്ങനെയാ ഗോളടിച്ചത് അദ്വൈതി തിരിക്തമായ ആണ് ആത്മാവെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ കർമ്മമായിട്ട് സ്വീകരിച്ചാലേ പറ്റി നിങ്ങളുടെ ലക്ഷണമൊന്നും അവിടെ പ്രശ്നമല്ല എന്ത് പല സഹേദക്രിയാപരചാരിന്ന് പറഞ്ഞിട്ടൊരു കാര്യ അല്ല എന്ന് വന്നുകഴിഞ്ഞാൽ എന്തുവരും അതിന്റെ അപരോഷത്തോണ്ടാവില്ല യഥാ ഘടക കടത്തെ നോക്കുക സംയത് വ്യതിരിക്തമാണോ അത് ണല്ലോ അതിലപ്രോക്ഷത്വം ഉണ്ടല്ലോ അത് തന്നെ അതാണ് പറയുന്നത് വിവരമുണ്ടവിടുത്ത് സംസാരിക്കുമ്പോഴേ നമുക്ക് അത്ര വിവരമുണ്ടെന്ന് മനസ്സിലാവത്തുള്ളു മനസിലായ അദ്വൈതയെടുത്ത് സംസാരിക്കുമ്പഴേ അദ്വൈതയടുത്ത് സംസാരിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളു എന്താ നമുക്ക് അത്രയും വിവരമുള്ള സിദ്ധാന്തം പറയാണ് സമയത് വ്യതിരിക്തൃത് കർമ്മത്വ നീമാ ആത്മന കർമ്മത്വഭാവേ തത് അനുപത്തെഹേ പിന്നെ അദ്വൈതി പറയും സംവേദിത ഏത് പ്രത്യേകം എന്തോണു തൽപ്രത്യം ഏഹ് ഏത് സൂക്ഷി നോക്കിട്ട് പറയുന്നു പഠിച്ചതൊക്കെ പ്രയോഗിക്കേണ്ടത് എവിടെയാണ് അത് പ്രത്യേകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായ അർത്ഥം കിട്ടത്തുള്ളൂ കൃത്യമായ അർത്ഥം എങ്കിൽ ആ പ്രത്യേകം അങ്ങനെ മുഴുവൻ വായിക്കാം മുഴുവൻ വായിക്കാതിന്റെ കുഴപ്പമാണെങ്കിൽ ഓ വായിച്ചല്ലേ സംവേദിത സംവിധാശ്രയതയ അപരോക്ഷോ നവതി അപരോക്ഷത്വ സംവേദനവത് കുറച്ച് പരിചയം വരുമ്പോൾ ശരിയായിക്കോളൂ പഠിച്ചുകൊണ്ട് ഏ തൽപ്രേത് തലപ്ര സഹായത്ത അതിലും സിമ്പിൾ അല്ല തൽപ്രയെന്ന് നിങ്ങൾ പഠിച്ചോ ഏ സ്ഥലന്താ സ്ത്രീയാ ഗ്രാമജന ബുധപൂരി സഹായത്താഭ്യാൻ ചെയ്ത് അത്രേ പഠിച്ചിട്ടുള്ളൂ തല്ല് കാര്യമായ തല്ല് പഠിച്ചില്ല സസ്യഭാവ തല്ലു അവിടെ തല്ലു വരുന്നു ശരിക്കുള്ള തല് സിമ്പിൾ ത്രിച്ച് കർത്താ കർത്താരോ അത് നിങ്ങൾ പറയാത്തതിൽ അതിശയമില്ല കാരണം പരിചയം ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണോ പരിചയം വന്നാലേ കുറച്ച് പരിചയം വരുമ്പോൾ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ വരുമ്പം സംഗതി പിടികിട്ടും വ്യാകരണം പഠിച്ചാൽ അങ്ങനെ അത് പ്രയോഗം വരുത്തല്ല അങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്ന ഓർത്തൊന്നും വരിക്കാനും പറ്റില്ല ഒരു രൂപം വരുമ്പോൾ ചിന്തിക്കണം ഇതെന്തായിരിക്കും അവിടെ നിന്ന് ബാക്കിലോട്ട് പോയി അങ്ങനെ പഠിച്ചത് പ്രയോഗിക്കാൻ പറ്റും അല്ലാതെ സൂത്രവും വൃത്തിയും ഉദാഹരണവും കാണാൻ പഠിച്ചെന്ന് വിചാരിച്ചെന്നും യാതൊരു കാര്യവുമില്ല പ്രയോഗത്തിൽ വരുമ്പോൾ നോക്കി കണ്ടുപിടിക്കും ഇത് രണ്ടുമൂന്നവണ് ആവർത്തിച്ചു കഴിയുമ്പോൾ സംഗതി ഒക്കെ പിന്നെ കാണുമ്പെ മനസിലാവും എന്ന് പറയുമ്പോൾ ഇവിടെ ആരായിരിക്കും അറിയുന്നവൻ പ്രമാ ഏത് ഏത് പ്രത്യേകം തോന്നും അങ്ങനെ താരതമ്യം ചെയ്ത് ചിന്തിക്കണം ഏതർത്ഥത്തി വരുന്നു കർത്തരി കൃത്യ വിളിത്രിച്ചവും പിന്നെ അതൊക്കെ ഓർമ്മിച്ചെടുക്കും സംയുതാശ്രയതയാ അപരോക്ഷോ നവതി സാധ്യമാണ് സംയുതാശ്രയത്വേന അപരോക്ഷത്വഭാവം ആണ് സാധ്യം അപരോക്ഷത്വ അഭാവം ഒന്ന് മാത്രം ഓർത്തുവെച്ചാലും മതി സംയിതാശ്രയത്വേന അപരോക്ഷത്വം തസ്യഭാവം അപരോക്ഷത്വ ഹേതു ദൃഷ്ടാന്തം എന്താണ് സംവേദനവത് ആദ്യം നോക്കുക പക്ഷത്തിൽ ഹേതു കൊണ്ടോന്ന് സംവേദിത ഹേതുകൊണ്ടാണ് ത്വം ഉണ്ടോ അപരോക്ഷണോ എല്ലാവരും സമ്മതിക്കും അദ്വൈതിക്ക് മാത്രമല്ല എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് എന്ത് എന്തുകൊണ്ട് പ്രകാരം പറയും സംവിതാശ്രയത്വേന നൈയായികം പറയും മാനസത്വേന എന്തായാലും അപരോക്ഷത്വം എല്ലാവരും സ്വീകരിക്കും ഒരു അനുമാനം പറയുമ്പോ എന്താണ് എല്ലാവർക്കും സമ്മതമായിരിക്കണം നമ്മള് സ്വന്തം ഇത് മാത്രം പോരാ സ്വന്തം ഇതാണെങ്കി ശ്രുതി അങ്ങ് പറഞ്ഞാ മതിയാ ഇതാ ശ്രുതി പറഞ്ഞിരുന്നു അപ്പോ അവിടെ ഏത് വന്നു ഇനി ദൃഷ്ടാന്തത്തിൽ നോക്കുക സംവേദനം ഏതുകൊണ്ടാ സംവേദനം അവരോക്ഷമാണോ ആണ് ഇനി നോക്കുക സംയുതാശ്രയത്വേന അപരോക്ഷണോ സംവേദനാശ്രയത്വേന അപരോക്ഷണോ കാരണം സംവേദനത്തിൽ സംവേദനത്തെ സ്വീകരിക്കുന്നില്ല മറ്റൊരു ജ്ഞാനത്തെ സ്വീകരിക്കുമോ എന്തുകൊണ്ട് ഗുണേ ഗുണ ഭ ഗുണത്തിന് ഗുണത്തെ സ്വീകരിക്കുന്നില്ല അവരുടെ സിദ്ധാന്തം അനുസരിച്ച് ഗുണത്തിൽ മറ്റൊരു ഗുണത്തെ സ്വീകരിക്കാൻ പറ്റില്ല അപ്പൊ സംവേദനം സംവേദനാശ്രയത്വനപരോക്ഷം അവർക്ക് പറയാൻ പറ്റില്ല അപ്പോ ദൃഷ്ടാന്തത്തിൽ ഹേതുവും സാധ്യമോ പക്ഷത്തിൽ ഹേതുവന്നു അനുമാനം ശരിയായി എന്താണ് അനുമാനം സംവിധാശ്രയത്വേന് അപരോക്ഷമല്ല ഏത് ആത്മാ ആത്മാവിതാശ്രയത്വേന അപരോക്ഷമല്ല എന്ന് പറഞ്ഞാൽ സ്വരൂപേണ് അപരോഷം അല്ലേ എന്തുകൊണ്ട് രണ്ട് കൂട്ടരും പറയുന്നു ആത്മാഅപരോഷമാണ് സംവിതാശ്രയത്വേന അപരോഷമല്ല പിന്നെ എങ്ങനെ അപരോഷം സ്വയം പ്രവാസി എത്ര എളുപ്പത്തിൽ സാധിച്ചു എല്ലാവർക്കും ലോകത്തുള്ള സെർവർക്കുമുള്ള മറുപടി ആരൊക്കെ സംയുതാശ്രയത്തിന് ആത്മാവിനെ അപരോക്ഷമായി സ്വീകരിക്കുന്നു അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് എന്താണ് ആത്മാവ് സംവിധാശ്രയമായി അപരോക്ഷമല്ല പിന്നെയോ സ്വയംപരോഷം പിന്നെ കാരണം ആത്മാവിനെ അപരോഷമായി സ്വീകരിച്ചു സംയതാശ്രയമായിട്ട് അത് അപരോഷമല്ല പിന്നെങ്ങനെ അപരോഷം സ്വയം സ്വയം പ്രവാസി ആർക്കെങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ മാനസത്തിന് അപരോക്ഷല്ല മാനസത്വരോക്ഷതിന്റെ ഉത്തരം അങ്ങനെ മാനസത്വൻ അപരോക്ഷാണെന്നുള്ള ഉത്തരം ഇതിൽ വരുമോ അത് തർക്കി എന്റെ അഭിപ്രായം അപരോക്ഷമാണ് പക്ഷെ കേവലപ്രത്യക്ഷ അപ്പം അപ്പൊ സ്വയം അല്ലല്ലോ മാനസത്വേനല്ല അത് തന്നെ അനുമാനത്തിലൂടെ സാധിച്ച കാര്യമാണ് പറയുന്നു നിങ്ങളുടെ സിദ്ധാന്തം എന്തോ ആയിക്കൊള്ളട്ടെ അനുമാനം ശരിയാണോ അങ്ങനെ സംവിധ ആശ്രയത അപരോക്ഷത്വം അല്ലാന്ന് മാത്രല്ലേ അനുമാനത്തിലൂടെ സാധിച്ചിട്ടുള്ളൂ ഒന്നാമത് മഴ രണ്ടാമത് ശബ്ദം കുറവ് ഒന്ന് ഉറച്ചു പറഞ്ഞ സംവിത ആശ്രയത്വന അപരോക്ഷമല്ലാന്ന് മാത്രല്ലേ അനുമാനത്തിലൂടെ ചിന്തിച്ചിട്ടുള്ളൂ സംവിധ ആശ്രയത്വേന സംവേദിത അപരോക്ഷത്തി അപരോക്ഷ ഭവതി അപരോക്ഷല്ല അതും അത്ര അനുമാനത്തിലൂടെ സിദ്ധിച്ചിട്ടുള്ളൂ അതെ അത്രേല്ലേ അനുമാനത്തിലൂടെ സിദ്ധിച്ചിട്ടുള്ളൂ ആരുടെ അനുമാനം അനുമാനത്തിലൂടെ ഏതനുമാനം സംവേദിത സംവിധ ആശ്രയത അപരോക്ഷ അപരോക്ഷത്വ സംവേദനവത്വം ഈ അനുമാനം ബാക്കി ഞാൻ കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അനുമാനം നടത്തി ഇതിനെന്താ കുഴപ്പം അല്ല അത് മാനസത്തേനെ അപരോക്ഷമല്ല അത് ഈ അനുമാനത്തിലൂടെ സിദ്ധിച്ചിട്ടില്ലല്ലോ മനസ്സില മാനസത്തേനോ അപരോക്ഷമല്ല എന്ന് ഇതിലൂടെ സിദ്ധിച്ചിട്ടില്ലല്ലോ മാനസത്തേനോ അപരോഷം കാർക്കികൻ പറഞ്ഞോട്ടെന്താ അതിവിടെ നിഷേധിച്ചിട്ടില്ലല്ലോ ഏഹ് അത് ഈ അനുമാനത്തിലൂടെ നിഷേധിച്ചിട്ടില്ലല്ലോ ഇവിടെ മാനസത്വനോ അപരോഷം എന്നാണോ പറയുന്നത് സംവിധാശ്രന് അപരോഷമല്ലന്ന പറയുന്നത് അപ്പൊ സ്വയംപ്രകാശം തന്നെ സ്വീകരിക്കണ്ട സ്വയം പ്രകാശം സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെ അതുകൊണ്ട് സ്വയം പ്രകാശം എന്തുകൊണ്ട് സ്വീകരിക്കണം സ്വീകരിക്കുന്നു എന്തുകൊണ്ട് ആത്മാവിനെ അപരോഷമായി സ്വീകരിച്ചു സംവിധാശ്രയമായിട്ട് അപരോഷമല്ല പിന്നെ മനസ്സെന്ന് പറയ സംവിതാശ്രയമായി എന്തുകൊണ്ട് അവരെ സംബന്ധിച്ച് ആത്മാവിലെന്തിരിക്കുന്നു ജ്ഞാനം അപ്പൊ ആത്മാവ് എന്തായി സംവിതാശ്രയമായി സംവിതാശ്രയത്തിനായി കറക്കിയുടെ അഭിപ്രായം അനുസരിച്ച് രണ്ടും ഒന്നല്ല രണ്ട് രണ്ടാണ് ഇറക്കിയും പറയുന്നതനുസരിച്ച് സംവിതന്റെ ആശ്രയമാണെന്ത് ആത്മാവ് അതുകൊണ്ട് ജ്ഞാനത്തിന് ആത്മാവ് പ്രത്യക്ഷമായി അപരോക്ഷമായിന്നവര് പറയുന്നു അങ്ങനെ അല്ലെന്നാ ഇവിടെ പറയുന്നു രണ്ടു ഒന്നല്ല പറയുന്നു തറക്കേന്റെ സിദ്ധാന്തം വരെ അദ്വൈതി പറയുന്ന വേറെ ഇതെന്തുകൊണ്ടിങ്ങനെ ഒരു അനുമാനപ്രയോഗം നടത്താൻ പറ്റുന്നു തറക്കേനും ആത്മാവിനെ അപരോക്ഷമായി സ്വീകരിക്കുന്നു പിന്നെ അതെങ്ങനെ സാധ്യമാകും അനുമാനം പറഞ്ഞു ഇനി നിങ്ങൾക്ക് ചെയ്യാന്നുള്ള എന്താണോ എത്വാസം എന്തെങ്കിലും ദോഷമുണ്ടെന്ന് പറയാം അപ്പൊ അത് നോക്കാൻ അനുസമാനം പറഞ്ഞാൽ മതിയല്ലേ അനുമാന പ്രയോഗത്തിൽ ഇപ്പോ സാധ്യ സിദ്ധിച്ചു ദോഷയിൽ ചർച്ച ചെയ്യും രണ്ടിനിട്ടല്ല താർഗ്യം പറയുന്ന പേരെ അദ്വൈതി പറയുന്ന പേരെ രണ്ടും ഒന്നും ധരിക്കരുത്